അവൾ തീർച്ചയായും അദ്ദേഹത്തെ മോഹിച്ചു തൻറെ രക്ഷിതാവിൻറെ തെളിവ് കാണാതിരുന്നെങ്കിൽ അദ്ദേഹവും അവളെ മോഹിക്കുമായിരുന്നു തിന്മയിൽ നിന്നും നീചവൃത്തിയിൽ നിന്നും അദ്ദേഹത്തെ അകറ്റാൻ നാം ഇപ്രകാരം ചെയ്തു തീർച്ചയായും അദ്ദേഹം നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരിൽ ഒരാളായിരുന്നു